ഇപ്പോ കുറച്ചു ദിവസം മുമ്പ് തമിഴ്നാട്ടില് തൃച്ചിക്ക് അടുത്തൊരു സ്ഥലമുണ്ട് നെരൂർ എന്ന് പറഞ്ഞു കാവേരി തീരമാണ് അവിടെ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുടെ സമാധിസ്ഥലമാണ് സ്വാമികൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ആളാണ് അദ്ദേഹം കാവേരി തീരത്തിൽ അവിടെ വന്ന് സമാധിയിലിരിക്കാൻ തന്നെ കാരണം അദ്ദേഹം ഇങ്ങനെ നടക്കും മഹാപണ്ഡിതനായിരുന്നു ഒരു കാലത്ത് വരുന്നവരോടൊക്കെ വാദിക്കും വാദം ചെയ്ത് തോൽപ്പിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു പരമശിവേന്ദ്ര സരസ്വതി എന്ന് പേര് പരമശിവേന്ദ്ര സരസ്വതി ഒരു ദിവസം ശിഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു സദാശിവം എത്ര കാലം നീ ഇങ്ങനെ ആളുകളോട് വാദവും ചെയ്തുകൊണ്ടും എല്ലാരെയും തോൽപ്പിച്ചുകൊണ്ടും അവരെയൊക്കെ അടക്കി ഭരിച്ച് എത്ര കാലം ഇരിക്കാൻ വേണം നീ ഒന്നു വായടക്കില്ലേന്ന് ചോദിച്ചു അന്നോട് സ്വാമികൾ മൗനമായി സ്വാമികൾ പിന്നെ വളരെ കാലം മിണ്ടില്ല കാവേരി തീരത്തിൽ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് യോഗസാധനകളും അനേക ജ്ഞാനസാധനകളും ഒക്കെ അനുഷ്ഠിച്ച് തന്നെ മറന്നിരുന്നു വളരെ ഉയർന്ന യോഗസിദ്ധനായി അവധൂതനായി അപ്പോഴാണ് സദാശിവ ബ്രഹ്മേന്ദ്രസരസ്വതി എന്ന് പേര് കൊടുത്ത് വസ്ത്രവുമില്ല ഗൗബീനം പോലും പൂർണ്ണ നഗ്നൻ ഭാഗവതത്തിലെ ഋഷഭയോഗീശ്വരനെ ഒക്കെ പറയണ പോലെ ആ കാവേരി തീരത്തിലൂടെ തന്നെ ഇങ്ങനെ നടന്നു കുറെ കാലം ഒന്നും വർത്തമാനം പറയലില്ല ഒന്നുമില്ല സ്വാമികൾ ആ കുറെ കാലത്തിനു ശേഷം ആ മൗനം ഇല്ലാതാക്കിയത് വേറെ രണ്ടു മഹാത്മാക്കൾ ശ്രീധര അയ്യാവാൾ സരസ്വതി ഇവ രണ്ടുപേരും ബ്രഹ്മേന്ദ്രാവള പാകരത്തെത്താം ശ്രീധര അയ്യാവാൾ സദാശിവ ബ്രഹ്മേന്ദ്രർ കിട്ട ചൊല്ലാറാം ശ്രീധര അയ്യവാൾ ഒരു വലിയ ശിവഭക്തനായിരുന്നു അദ്ദേഹം ജ്ഞാനിയായിരുന്നു ഗൃഹസ്ഥനായിരുന്നു എന്നാൽ ആത്മജ്ഞാനിയായിരുന്നു നാമബോധേന്ദ്ര സരസ്വതി ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം രാമനാമം ആണ് അദ്ദേഹത്തിന്റെ വളരെ മുഖ്യമായിട്ടുള്ളത് അദ്ദേഹവും വലിയ ജ്ഞാനിയായിരുന്നു ശ്രീധര സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളോട് പറഞ്ഞു അത്രേ നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ ജ്ഞാനികളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പരിപ്രശ്ന സേവയാ അവര് ചോദിക്കും ഉപദേക്ഷ്യന്തി അപ്പോ അങ്ങേ പോലെയുള്ള മഹാന്മാര് സദാ ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ളവരോ മൗനമായിട്ട് ഒരേ അടിക്ക് ഇരുന്നു പോയാൽ സാധുക്കള് ചോദിക്കാൻ വന്ന എന്തു ചെയ്യും ഇനി അങ്ങക്ക് മൗനം ഒരു സാധനയായിട്ട് ആവശ്യമില്ല അങ്ങ് അതിനൊക്കെ കടന്നുപോയുവല്ലോ അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ലോകമംഗളത്തിന് അവിടെ നിന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പാടിയ കീർത്തനമാണ് അത്രേ ബ്രൂഹിമുകുന്ദസനേ ബ്രൂഹിമുകുന്ദ്രാവേ നാമസങ്കീർത്തനം ചെയ്യൂ പിവരെ രാമരസം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളാണ് പിന്നെ ആത്മവിദ്യാവിലാസം എന്ന് വേദാന്തപരമായി പതഞ്ജലി യോഗസൂത്രത്തിന് ഭാഷ്യം ഇതൊക്കെ സ്വാമികളുടെ കൃതികളാണ് അപ്പൊ എന്തിനു പറഞ്ഞു എന്നുവെച്ചാൽ സ്വാമികൾ പിന്നെ അതൊക്കെ അത് എല്ലാവരുടെയടുത്തൊന്നും വർത്തമാനമൊന്നും പറയില്ല അറിഞ്ഞ് വേണ്ടവരോട് മാത്രം രമണ ഭഗവാനും അങ്ങനെയാണ് അത്രയും മൗനമായിട്ട് ഇരുന്നത് മൗനവ്രതമൊന്നും രമണ മഹർഷി എടുത്തിരുന്നില്ല പക്ഷെ ആളുകൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടു മലയിലൊരു സ്വാമി മൗനമായി ഇരിക്കണത് കൊണ്ട് സ്വാമി മൗനമാണ് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആളുകളും ഉണ്ടാ അദ്ദേഹത്തിന് ഉപദ്രവിക്കാതിരിക്കണത് കണ്ടത് കൊണ്ട് താനും മൗനമായിട്ട് അങ്ങോട്ട് ഇരുന്നു വേണ്ടവരോടൊക്കെ വർത്തമാനം പറയും അത്യാവശ്യം വേണ്ടപ്പോ അപ്പോ സ്വാമികൾ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളും അങ്ങനെ സഞ്ചരിച്ച് ക്രമേണ് അശരീരം വസന്തം സ്പൃശത ശരീരമില്ലാതായാൽ പിന്നെ പ്രിയം അപ്രിയം സുഖം ദുഃഖമൊന്നും ബാധിക്കില്ല പതഞ്ജലി യോഗസൂത്രത്തിലും അങ്ങനൊരു സൂത്രമുണ്ട് തഥ മഹാവിദേഹാഹ അവര് മഹാവിദേഹന്മാരായിട്ട് തീരും എന്നാണ് എപ്പോന്ന് വെച്ചാൽ പ്രകാശാവരണക്ഷയഹ ഉള്ളിലുള്ള പ്രകാശത്തിനെ മറയ്ക്കുന്ന ആവരണം നീങ്ങുമ്പോ മഹാവിദേഹന്മാരായിട്ടെന്ന് വെച്ചാൽ ശരീരമേ ഇല്ലാത്തവരായിട്ട് തീരും ശരീരമൊക്കെ ബാക്കിയുള്ളവരുടെ ദൃഷ്ടിക്കുണ്ട് പക്ഷെ അവരെ അറിയണില്ല ആ സ്ഥിതിയിൽ സ്വാമികൾ ആ യോഗസൂത്രത്തിന് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നടന്നു അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു നവാബിന്റെ അന്തപുരത്ത് കൂടെ നടന്നു സ്ത്രീകളൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്നു സ്വാമികൾ ഇങ്ങനെ നഗ്നനായിട്ട് നടക്കേണ്ടത് ഈ സ്ത്രീകൾക്കൊന്നും അദ്ദേഹത്തിനെ കണ്ടൊന്നും തോന്നിയില്ല സ്വാമികൾ ഇവരെ ഒന്നും ശ്രദ്ധിക്കണില്ല ആത്മാറാമനായിട്ട് നടക്കാണ് ഈ നവാബ മുസ്ലിം രാജാവ് തന്റെ പടയാളികളെ വിളിച്ചു പറഞ്ഞു ദാ ഒരു ഫക്കീർ പോണു എന്ത് ധൈര്യം വസ്ത്രമൊടുക്കാതെ ഇതിനകത്തു നടക്കുന്നു പിടിച്ചു കെട്ടിയിടാൻ പറഞ്ഞു കെട്ടിയിട്ട് കൈ വെട്ടിക്കളഞ്ഞു സ്വാമികൾക്ക് ഒന്നും അറിഞ്ഞതേ ഇല്ല കൈ വെട്ടിയതും പറഞ്ഞില്ല തന്നെ പിടിച്ചു നിർത്തിയതും അറിഞ്ഞില്ല സ്വാമികൾ നടന്നു പോവാ ഇപ്പോഴാണ് ഈ രാജാവ് ആശ്ചര്യമായിട്ട് ഈ പ്രതിഭാസം കാണുന്നത് കൈ വെട്ടിയിട്ടിട്ടും കാണുന്നില്ല ശ്രദ്ധിക്കണില്ല വേദന രാജാവ് കാലില് വീണ് ക്ഷമായാതനം ചെയ്തു ഈ നവാബ് കൈ വാങ്ങിച്ചവിടെ വെച്ചു അത്ര അത്ര വലിയ യോഗസിദ്ധനായിരുന്നു എന്തും സാധിക്കും അവസാനം ഈ സംഭവത്തിന് ശേഷം സ്വാമികളെ തീരുമാനിച്ചു ഇനി വെറുതെ എന്തിനാ ആളുകൾക്ക് ഈ കാവേരി തീരത്തില് ഈ ഗ്രാമത്തിൽ വന്നിരുന്നത് ജീവസമാധിയായത് അപ്പോ ദേഹം ഉള്ളപ്പോ തന്നെ ദേഹം ഇല്ലാതാവാ അങ്ങനെയൊക്കെയാണ് ഋഷികൾ നമുക്കൊരു ആദർശം തന്നിരിക്കണത് നമ്മൾ വയസ്സാവും തോറും ദേഹം കൂടുതൽ കൂടുതൽ ആയിക്കൊണ്ടുവരും ഇടക്കിടക്ക് ചെക്കപ്പ് ഇടക്കിടക്ക് ടെസ്റ്റ് ഒരിടത്ത് ഷുഗർ ഇല്ലെന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തു പോയി കാണിക്കുക അവസാനം ഒരു നാല് സ്ഥലത്ത് കാണിച്ച് ഉണ്ടോ എന്ന് പറഞ്ഞാൽ സമാധാനമായി ും തോറും ദേഹം കൂടിക്കൂടി വരിക നമ്മളുടെ തലയിൽ കയറിയിരിക്കുക സാമർഥ്യം ഉണ്ടെങ്കിൽ ധീരത ഉണ്ടെങ്കിൽ ഇത് സാധിച്ചെടുക്കണം സാധിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതൊന്നും പ്രയോജനമില്ല അതൊക്കെ എന്റർടൈൻമെന്റ് അത്രയുള്ളു വെറും തമാശകളിൽ വെറും സംഗീതം പോലെ ആവും പാട്ട് കേൾക്കാവും പെർഫോമൻസ് അപ്പൊ അത്തരത്തിലുള്ള സ്ഥിതിയെ ലക്ഷ്യമായിട്ട് കാണണം ഈ ലക്ഷ്യം മുമ്പിൽ വേണം ആ ലക്ഷ്യം കണ്ടതുകൊണ്ട് മാത്രം ലക്ഷ്യത്തിൽ എത്തിന്നായില്ല അത് എത്ര സുന്ദരമാണെങ്കിലും എത്ര ഭാവന ചെയ്താലും ആ ലക്ഷ്യത്തിൽ അല്പമെങ്കിലും വന്നാൽ ചിലർക്ക് അല്പ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലും പലതരത്തിലും മനുഷ്യരിൽ ഇതിനുള്ള ധൈര്യം കാണുന്നുണ്ട് ചിലരൊക്കെ അവർ അധ്യാത്മികം നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിൽ അധ്യാത്മികമൊന്നും ആയിരിക്കില്ല നമ്മൾ വിചാരിക്കുന്ന സ്ഥല അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല പക്ഷെ അവരിലെന്തോ ഒരു അവ്യക്തജ്ഞാനം പ്രവർത്തിച്ചിട്ട് വയസ്സാവുമ്പോ അവർ ശരീരത്തിനൊന്നും ഗണിക്കുകയില്ല അതെങ്ങനെ ഇരിക്കണോ ഇരുന്നിട്ട് പോട്ടെ ഈ അവ്യക്തജ്ഞാനത്തിന് പ്രാമുഖ്യം കൊടുത്താൽ അത് അപരോക്ഷജ്ഞാനമായിട്ട് തീരും അല്ലാതെ ആർട്ടിഫിഷ്യലായി മെന്റലി വളർത്തിയെടുക്കാനല്ല പറയണം നമ്മളുടെ ഉള്ളിൽ ഉണ്ടത് സാധാരണ ആളുകളിൽ പോലും കാണേണ്ടത് അപ്പോ ആ ജ്ഞാനം ഭഗവാൻ ഉപദേശിച്ച് ആ ജ്ഞാനത്തിന് യോഗ്യതയില്ലെങ്കിൽ കർമ്മത്തിൽ നിന്നും തുടങ്ങൂ എന്ന് പറഞ്ഞു ഡയറക്റ്റായിട്ട് ആ ഉള്ളിലിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർമ്മത്തിൽ നിന്നും തുടങ്ങൂ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അധ്യായം സാഖ്യയോഗം ആദ്യത്തെ അധ്യായം എന്ന് വെച്ചാൽ രണ്ടാമത്തെ അധ്യായം അതായത് ഗീതയിൽ ഉപദേശത്തിലെ ആദ്യ അധ്യായം സാഖ്യയോഗം മൂന്നാമത്തെ അധ്യായം അതായത് രണ്ടാമത്തെ അധ്യായം കർമ്മയോഗം ഈ രണ്ടോടുകൂടെ ഭഗവത്ഗീത ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിപ്രായത്തിൽ അവസാനിച്ചു കഴിഞ്ഞു ഒരു പ്രഭാഷണം കഴിഞ്ഞാൽ ആ വിഷയത്തിന് എവിടുന്ന് കിട്ടിയെന്നും ഇതിനെ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും ആർക്കൊക്കെ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കലാണ് വഴി ഒരു സമ്പ്രദായമാണ് അങ്ങനെയാണ് ഈ മൂന്നാമത്തെ അധ്യായ നാലാമത്തെ അധ്യായം തുടങ്ങുന്നത് ശരിക്കത് നാലാമത്തെ അധ്യായത്തിന്റെ ആരംഭമായിട്ടല്ല ശങ്കരാചാര്യ സ്വാമികൾ ഭാഷയത്തിൽ പറയണത് മൂന്നാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകങ്ങളാണതെന്നാണ് എന്നുവെച്ചാൽ മൂന്നാമത്തെ അധ്യായത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ് അവിടെ അവിടെ തീർക്കുകയാണ് ഭഗവാൻ പറയേണ്ടത് പരിസമാപ്ത സമസ്തഹ വേദാർത്ഥ സമസ്ത വേദാർത്ഥവും ഇവിടെ പരിസമാപ്തമായി എന്നാണ് ഏതില് ആദ്യത്തെ സാഖ്യയോഗത്തിലും കർമ്മയോഗത്തിലും കൂടെ സമസ്ത വേദാർത്ഥവും പരിസമാപ്തമായി കഴിഞ്ഞു ഇനിയൊന്നും പറയാനില്ല നമ്മൾ ശരിക്ക് രണ്ടാമധ്യായവും മൂന്നാമധ്യായവും പഠിച്ചാൽ വേദാർത്ഥം മുഴുവൻ അറിഞ്ഞു എന്നാണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം സമസ്ത വേദാർത്ഥവും പരിസമാപ്തമായി ആ പരിസമാപിച്ചു എന്ന് കാണിക്കാനാണ് ഈ മൂന്നാം നാലാം അധ്യായത്തില് ആദ്യത്തെ ശ്ലോകം നോക്കാം ീഭവാൻ ഉച്ചവസ്വത്തെഹമവ്യയം അവിടെ നിൽക്കട്ടെ ഇമം വിവസ്വതേ യോഗം പ്രോക്തഹം അവയം ഭഗവാന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് ഭഗവാൻ ആദ്യമായി ഈ ബ്രഹ്മവിദ്യയെ സൂര്യന് ഉപദേശിച്ചു അതുകൊണ്ടാണ് സൂര്യവംശം ചന്ദ്രവംശം എന്ന് ഭാഗവതത്തിൽ വംശാവലികൾ പറയണത് ഒമ്പതാമത്തെ സ്കന്ധം ചിലർക്കൊക്കെ ബോറടിക്കും ഭാഗവതത്തിൽ ഇയാളുടെ മകൻ ഇയാൾ ഇയാളുടെ മകൻ ഇയാൾ ഇയാളുടെ മകൻ നമ്മുടെ കേരളത്തിലൊരു സമ്പ്രദായമുണ്ട് ഭാഗവത തീവണ്ടി എന്നാണ് പറയുക ഒമ്പതാം സ്കന്ധത്തിൽ എന്താണെന്ന് വെച്ചാൽ തതസ്തത്സ്വത തത്സുതത്സുത തത്സുത തത തത്സുത തത്സുത തീവണ്ടി പോലെ ഇങ്ങനെ പോകും അപ്പൊ നവമസ്കന്ധം വംശാവലിയാണ് ഇന്നാളുടെ മകൻ ഇന്നാളുടെ എന്തിനാ ഇതൊക്കെ പറയണമെന്ന് തോന്നുന്നു അത് കഥ പറയാനല്ല സൂര്യവംശവും ചന്ദ്രവംശവും കീർത്തിക്കാനാണ് സൂര്യവംശത്തിന് എന്താണ് വൈശിഷ്ട്യം എന്ന് വെച്ചാൽ ജ്ഞാനപ്രാമുഖ്യമുള്ള വംശമാണ് ജ്ഞാനം ആ വംശത്തിൽ സൂര്യനിൽ നിന്നും വൈവസ്വത മനുവിലേക്കും നിന്നും ഇക്ഷ്വാകുവിലേക്കും ഇഷ്വാകുവിൽ നിന്നും തുടർന്ന് ആ രാജപരമ്പരയിൽ ശ്രീരാമനിലേക്കും വസിഷ്ഠനിലൂടെ രാമനിലേക്കും നമുക്ക് രാമായണത്തിൽ വാസിഷ്ടം ചെറുനാളേ രാമായണം പൂർണ്ണമാവുകയുള്ളൂ വാൽമീകി രാമായണം ഇപ്പൊ നമ്മൾ വിചാരിക്കണു വാൽമീകി രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകമാണെന്നാണ് ഇരുപത്തിനാലായിരം ശ്ലോകം കൊണ്ടൊന്നും വാൽമീകി രാമായണം പൂർണമാവില്ല രാമായണത്തിന് ഒരു അർത്ഥവും വാൽമീകിയുടെ രാമായണം മാത്രമായിട്ട് നമ്മളെടുത്ത് വായിച്ചാൽ ഒരർത്ഥവും കാര്യമായിട്ടില്ല അതൊരു കഥ അത്രേ ഉള്ളു അതിൽ ഈ രാമൻ എന്ത് വൈശിഷ്ട്യം ഏതോ രാജാവിന്റെ മകൻ അവതാരം എന്നുള്ളത് പോലെ അവിടെ എവിടെ എവിടെയോ കുറച്ചേ പറഞ്ഞുള്ളൂ അതല്ലാതെ അതിൻ്റെ ഇടയിൽ വിട്ടുപോയ ഒരു ഭാഗമുണ്ട് ആ വാൽമീകിയുടെ തന്നെ വചനം ഭരദ്വാജന വാൽമീകി പറഞ്ഞു കൊടുക്കുന്ന വചനം മറ്റൊരു മുപ്പത്തിരണ്ടായിരം ശ്ലോകം ആ മുപ്പത്തിരണ്ടും ഇരുപത്തിനാലും കൂടെ ചേർത്തിയാൽ അമ്പത്തി ശ്ലോകങ്ങളോട് കൂടെ ചേർന്നാലേ വാൽമീകി രാമായണം പൂർണമാവുള്ളൂ അപ്പോഴേ വാൽമീകി രാമായണത്തിന് വല്ല അർത്ഥമുള്ളൂ എന്തുകൊണ്ടാ ബാക്കിയുള്ളവരൊക്കെ വാൽമീകി രാമായണം വിട്ടുകളഞ്ഞത് ഒന്ന് ചിന്തിക്കേണ്ടതാണ് എഴുത്തച്ഛൻ വാൽമീകിയെ ഫോളോ ചെയ്തിട്ടില്ല അതേപോലെ മാനസ് തുളസീദാസ് വാൽമീകിയെ ഫോളോ ചെയ്തിട്ടില്ല തമിഴ്നാട്ടില് കമ്പൻ വാൽമീകിയെ ഫോളോ ചെയ്ത് എഴുതിയത് ഭക്തന്മാരായിട്ടുള്ളവരാരും കമ്പരാമായണത്തിന് ആസ്വദിക്കില്ല അത്ര കണ്ട് അത് കാവ്യമായിട്ടേ വെച്ചിട്ടുള്ളൂ കവിയാണ് കമ്പൻ എന്ന് കാശിക്ക് കമ്പൻ എന്നൊരു ചൊല്ലുണ്ട് കാശിനു വേണ്ടി പടിയതാ അത്ര കമ്പൻ എന്താ തുളസിദാസും എഴുത്തച്ഛനും ഒക്കെ അധ്യാത്മരാമായണത്തിനെയാണ് പിന്തുടർന്ന് എഴുതിക്കൊണ്ടു വന്നത് അധ്യാത്മരാമായണം മുഴുവൻ ഈ വാസിഷ്ടവും വാൽമീകി രാമായണവും കൂടെ കലർന്നതാ അധ്യാത്മ ജ്ഞാനസമ്പന്നമാണത് അപ്പൊ ജ്ഞാനസമ്പന്നമായ രാമായണമാണ് അപ്പൊ ആ ജ്ഞാനം തുടർന്നു വന്നതാണ് രാമപരമ്പര അതിനു മുമ്പ് ഭാഗവതത്തിൽ രാമായണം വംശാവലി പറഞ്ഞു വരുമ്പോൾ ഖട്ട്വാങ്കന്റെ കഥ പറഞ്ഞ് ഖട്ട്വാങ്കൻ എത്ര വലിയൊരു മഹാത്മാവായിരുന്നു ജ്ഞാനിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഖട്ട്വാ ദീർഘബാഹുഹോ അതിൽ നിന്നും അജൻ അജനിൽ നിന്നും ദശരഥൻ ദശരഥനിൽ നിന്നും സാക്ഷാത് ബ്രഹ്മമയോ ഹരിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണം പറഞ്ഞത് ഇതൊക്കെ കൂടെ കണക്ട് ചെയ്താലേ ഭഗവത്ഗീത മനസ്സിലാവുള്ളൂ നമുക്ക് അപ്പൊ ഇമം വിവസ്വതയോഗം പ്രോക്തവാനഹം അവയം ആദ്യമായി സൂര്യനിൽ നിന്നും ഒരു മാർഗം ചന്ദ്രനിൽ നിന്നും ഒരു മാർഗം ഈ മാർഗത്തിന് വേറെയൊരു സൈഡുകൊണ്ട് ഒന്ന് ജ്ഞാനപ്രധാനമായ മാർഗം ഒന്ന് യോഗപ്രധാനമായ മാർഗമാണ് ചന്ദ്രനിൽ നിന്നും ഒഴുകിയ ചന്ദ്രവംശത്തിൽ യോഗം വളരെ പ്രധാനമാണ് സൂര്യവംശത്തിൽ ജ്ഞാനം വളരെ പ്രധാനമാണ് രാമൻ ജ്ഞാനിയാണ് കൃഷ്ണൻ യോഗേശ്വരനാണ് ഈ രണ്ട് വംശങ്ങളാണിവിടെ ഇവിടെ ഭഗവാൻ സൂര്യൻ ഉപദേശിച്ചു എന്ന് പറയണം സൂര്യന് ഉപദേശിച്ച അതേ ഭഗവാൻ തന്നെയാണ് ശ്രാദ്ധദേവ മനുവിന് സത്യവ്രതനായിട്ടിരിക്കുമ്പോ ഭാഗവതത്തിൽ മത്സ്യാവതാരം എടുത്ത് ഉപദേശിക്കണം ശ്രാദ്ധദേവ മനുവിന് പൂർവജന്മത്തിൽ സത്യവ്രതനായിട്ടിരിക്കുമ്പോ മീനായിട്ട് മത്സ്യമായിട്ട് മുമ്പിൽ വന്ന് അധ്യാത്മതത്വം ഉപദേശിച്ചു സത്യവ്രതൻ പറഞ്ഞു ഭഗവാനെ അവിടുത്തെ കൃപ കൊണ്ട് അജ്ഞാനം നീങ്ങി ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ നീങ്ങി അനാദ്യ അവിദ്യോപഹതാത്മ സംവിദ് തന്മൂല സംസാര പരിശ്രമാദൃപ്രിതായുഹു വിമുക്തി പരമോ ഗുരുഭവാന് അവിടുത്തെ ഉപദേശം കൊണ്ട് എനിക്ക് മുക്തി കിട്ടി ഞാൻ സ്വതന്ത്രനായി മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും അവിടുന്ന് ഉപദേശിച്ചു ഞാൻ വിമുക്തനായിരിക്കുന്നു സ്വതന്ത്രനായിരിക്കുന്നു സ്വരൂപസ്ഥിതനായിരിക്കുന്നു എന്നൊക്കെ സത്യവ്രതൻ പറയുന്നു ആ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് വൈവസ്വതോനും ആ വൈവസ്വത മനുവിന്റെ മകനാണ് ഇഷ്വാകു ഇഷ്വാകുവിന് ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു ഇതൊക്കെ ഭാഗവതത്തിലുണ്ട് ഒമ്പതാം സ്കന്ധത്തിലുണ്ട് ഇഷ്വാകു ആദ്യം വൈവസ്വത മനു മകനുണ്ടായില്ല എന്ന് പറഞ്ഞു ഒരു മകന് വേണ്ടി യാഗം ചെയ്തു യാഗം ചെയ്തപ്പോ മനു പറഞ്ഞു മകൻ ഉണ്ടാവണം എന്ന് പറഞ്ഞ് അർപ്പിക്കാൻ പറഞ്ഞു വശിഷ്ഠര് പറഞ്ഞു സങ്കല്പിച്ചിട്ട് ആൺകുഞ്ഞ് എന്ന് സങ്കല്പിച്ച് ആഹുതി അർപ്പിക്കൂ എന്ന് ഹോതാവിന്റെ അടുത്ത് പറഞ്ഞു ഹോതാവ് മിണ്ടാതെ പറഞ്ഞാൽ കേട്ടാ മതി അപ്പോഴേക്കും മനുവിന്റെ പത്നി ശ്രദ്ധാദേവി വന്നു പറഞ്ഞു എനിക്ക് പെൺകുട്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു പെൺകുട്ടി എന്ന് ധ്യാനിച്ചുകൊണ്ട് അർപ്പിച്ചു ജനിച്ചത് പെൺകുട്ടി രാജാവിന് ദേഷ്യം വന്നു ചോദിച്ചു ആൺകുട്ടി എന്ന് പറഞ്ഞു എങ്ങനെ പെൺകുട്ടിയായി അതെനിക്ക് മനസ്സിലായില്ല എന്തോ ഇടയിൽ കുഴപ്പം നടന്നുണ്ട് ഹോതാവിനോട് ചോദിച്ചു ആൺകുഞ്ഞ എന്ന് സങ്കല്പിച്ചു പെൺകുഞ്ഞ് പെൺകുഞ്ഞാണ് സങ്കല്പ പെൺകുട്ടി ജനിച്ചിരിക്കണത് ശരി ഒരു കാര്യം ചെയ്യാം അദ്ദേഹം തപസ്സുകൊണ്ട് പെൺകുട്ടി ആൺകുട്ടിയാക്കി മാറ്റി ഇങ്ങനത്തെ ഏർപ്പാടുകളൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം എന്നിട്ട് വല്ല സമാധാനം ഉണ്ടോ ഈ ആൺകുട്ടി ഈ പിന്നീട് സുദ്ധ്യുമനൻ എന്ന പേര് കാട്ടിൽ വേട്ടയ്ക്ക് പോയി ഒരു ശാപമുള്ള ഒരു സ്ഥലത്ത് കയറി കുതിരയടക്കം സ്ത്രീയായിട്ട് മാറി തിരിച്ചു വരുമ്പോ പെണ്ണായിട്ട് വന്നു അവസാനം തപസ ചെയ്ത് ശിവനെ പ്രതീക്ഷപ്പെടുത്തപ്പോ ശിവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഒരു വർഷവും മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു വർഷം ആണ് ഒരു വർഷം പെണ്ണും തോന്നി ഒരു വരം കൊടുക്കും ശിവനെങ്ങനെ ആറുമാസം ആറുമാസം ആണ് ആറുമാസം പെണ്ണ് മഹാഗതികടായി ജനങ്ങളൊക്കെ കൂടെ അവസാനം സമരം ചെയ്യാൻ തുടങ്ങി ഈ രാജ പറ്റ്ലിയ അദ്ദേഹം കേസ് കൊടുക്കാൻ പോകുമ്പോ അവനായിരിക്കണു കേസിന് വിധി വരുമ്പോ അവളായിരിക്കണു അപ്പൊ ഒന്നിട്ട് നോക്കണം അത് കഥ തമാശനല്ല ഇങ്ങനെ ആണും പെണ്ണും കെട്ട ആള് ജനങ്ങൾ സമരം ചെയ്തപ്പോ വിരക്തനായി രാജ്യമുപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത ആത്മസാക്ഷാത്കാരം നേടി വിമുക്തനായി തീർന്നു അപ്പോ ശരീരത്തിന്റെ തലത്തിൽ നമുക്ക് എന്തൊക്കെ തന്നെ ദൗർബല്യം ഉണ്ടെങ്കിലും തലവിധി അല്ലേ അയാളുടെ തലയിലെഴുത്ത് അയാളുടേതല്ലാത്ത കുറ്റത്തിന് അയാൾ ആണും ആയിട്ട് മാറി ശരീരം ആ ലിംഗഭേദം വന്നിട്ട് പോലും വസ്തുവിന് മാറ്റമുണ്ടെങ്കിൽ നമ്മളൊക്കെ അസ്വതന്ത്രരാണ് ലിംഗം മാറുന്നതുകൊണ്ട് ഉള്ളിലുള്ള വസ്തു മാറുകയാണെങ്കിൽ നമ്മളൊക്കെ പ്രകൃതിയുടെ വെയിൽ കയ്യിൽ വെറും മാത്രമാണ് നമ്മളൊക്കെ ജീവിച്ച് വിഷമിക്കാൻ വേണ്ടി ജനിച്ചവരാ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കഥ അതുകൊണ്ട് ഏറ്റവും ഇനി മോഡേണായി എന്തൊക്കെ തന്നെ മാറ്റം വന്നാലും മാറാതെ നിൽക്കുന്ന ഒരു മാർഗമേ നമുക്ക് രക്ഷയ്ക്കുള്ളൂ ആത്മവിദ്യ എന്നുള്ളത് എന്തൊക്കെ തന്നെ കുഴപ്പം വരട്ടെ നിങ്ങൾക്ക് വിമുക്തിക്ക് മാർഗമുണ്ട് മുക്തിക്ക് വഴിയുണ്ട് വേണമെങ്കിൽ സ്വതന്ത്രമാവാം ഈ ആണുമല്ല പെണ്ണുമല്ല എന്നുള്ള ആള് കാട്ടിൽ പോയി തപസ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിപ്പോയി പിന്നെ ജനിച്ച ഇക്ഷ്വാകുവിന് വൈവസ്വത തന്നെ ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു ആ പത്ത് പേര് എന്തോ മറ്റോ ജനിച്ചു അവരൊക്കെ ജ്ഞാനികളായിരുന്നു പലരും അതിൽ പലരും ജ്ഞാനികളായി ഇങ്ങനെ രാജാക്കന്മാരൊക്കെ ജ്ഞാനികളായി ഇഷ്വാകു പരമ്പരയിൽ വന്ന് ക്രമേണ ഭഗവാൻ പറയണത് ഇമം വിവസ്വതേ പ്രോക്തം പ്രോക്തവാണമവ്യയം സൂര്യൻ ആദ്യം പറഞ്ഞുകൊടുത്തു സൂര്യൻ ജ്ഞാനിയാണ് ഒരു സംശയമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആരും ഗുരുവിനെ ഒന്നും അന്വേഷിക്കേണ്ട കാണാൻ കണ്ണു വേണം അത്രേ ഉള്ളൂ പശ്യൻ അഭിജന പശ്യതി മൂഢഹ കണ്ടിട്ടും കാണുന്നില്ല എന്നാണ് ഒരാളെ പലരും ചോദിക്കും നിങ്ങളൊക്കെ ഈ സ്ഥിരപ്രജ്ഞൻ യോഗി ജ്ഞാനി നോക്ക ഇങ്ങനെയൊക്കെ ഒരാളെപ്പോ ഈ കാലത്തൊക്കെ കാണാൻ പറ്റുമോ ശരി നമ്മൾ ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ അവർ അതിന് വല്ല കൊമ്പോ വല്ലതും ഒക്കെ ഉണ്ടാവുമോ സ്പെഷ്യൽ ആയിട്ട് ഞാനൊരിക്കൽ രമണാശ്രമത്തിലെ കുറെ ദിവസം താമസിക്കാം ആ സമയത്ത് മൗനത്തിലുമാണ് എന്റെ കഷ്ടകാലത്തിന് അപ്പോ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ കിറുക്ക് ധാരാളം ഉണ്ട് ഒരാൾ ഇങ്ങനെ വന്നു വന്നിട്ട് എവിടുന്നോ മദ്രാസ് എന്ന് എന്തിനോ വേണ്ടി കെട്ടിയെടുത്തിരിക്കയാണ് എന്നിട്ട് എന്റെ അടുത്ത് വന്നു ചോദിച്ചു ശാമി ശാമിന്റെ സിദ്ധരുകൾ എല്ലാം തിരുവണ്ണാമലയിൽ നിറയെ ഉറുപ്പാങ്ങരാളെ എങ്ക കിടക്കണം ഞാൻ ണിച്ചു ഒന്നും മിണ്ടാരെന്ന് നിർത്തിയില്ലല്ലോ ആയതുകൊണ്ടും കേട്ടതാ കേക്കര സ്വാമി എങ്ക സിദ്ധാളിയല്ല എങ്കോ പിടിക്കും സിദ്ധന്മാരെ പിടിച്ചിട്ട് വല്ല കാര്യം നടത്താനാണോ പഴേ ഞാൻ രണ്ടു മൂന്ന് വർഷം മിണ്ടിയില്ലാന്ന് കണ്ടപ്പോ എന്നെ തന്നെ മൂപ്പർക്ക് സംശയമാണ് പിന്നെ ആ തിരക്കല് പോയി അവിടെ പോയിരുന്നു ഓരോരുത്തരെ ആയി നോക്കുന്നുണ്ടായിരുന്നു ഓരോ ആളുകൾ ഇതാണ് ആളുകൾ ഇവർക്ക് ആരൊക്കെ എന്ത് മനസ്സിലാക്കും കാണിച്ചു കൊടുത്താലും നേരിട്ട് ഒരാളെ കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല നാരായണ ഗുരു ഒരിക്കൽ ട്രെയിനിൽ പോകുമ്പോ അടുത്തിരിക്കുന്ന ഒരാളെ ചോദിച്ചോത്രേ എന്താ ജാതി ചോദിച്ചോത്രേ പഴയ കാലത്തോക്ക് ചോദിക്കാം എന്താ ജാതി അപ്പൊ നാരായണ ഗുരുസ്വാമി ചോദിച്ചു കണ്ടിട്ട് എന്താ തോന്നണം ചോദിച്ചു അല്ലെ കണ്ടിട്ട് മനസ്സിലായില്ല അതുകൊണ്ടാണ് ചോദിച്ചത് പറഞ്ഞു കണ്ടിട്ടേ മനസ്സിലായില്ലെങ്കി പറഞ്ഞാൽ മനസ്സിലാവോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവോ എന്നാണ് നമ്മൾ കാണുന്നു കണ്ടാലോ നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ ജ്ഞാനി എന്ന് വെച്ചാൽ എന്തോ ധരിച്ചിരിക്കാം ശാസ്ത്രം പ്രമാണമായി എടുക്കാമെങ്കിൽ ശാസ്ത്രഭക്തി നമുക്കുണ്ടെങ്കിൽ ഗീതാഭക്തി നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ പറയണു ആദ്യത്തെ ജ്ഞാനിയാണ് ആദിത്യൻ സൂര്യൻ ഇന്നും സമ്പ്രദായം എങ്ങനെയാണ് സന്യാസമൊക്കെ കൊടുക്കുമ്പോ അധികവും വലിയ വലിയ പരമ്പരയിലുള്ള സന്യാസികളൊന്നും ഡയറക്റ്റ് ആയിട്ട് അവർ ഗുരുസ്ഥാനം ഏറ്റെടുത്ത് ആർക്കും കഷായം കൊടുക്കില്ല അവര് ആദിത്യനെ തന്നെ ഗുരുവായി വെച്ചുകൊണ്ട് സൂര്യനെ തന്നെ സാക്ഷിയായി നിർത്തിക്കൊണ്ടാണ് സന്യാസം കൊടുക്കുക അദ്ദേഹം തന്നെയാണോ ഗുരു എന്നാണ് എന്നുവെച്ചാൽ വേദം പോലും നഷ്ടപ്പെടുമ്പോ ആദിത്യനിൽ നിന്നുമാണ് വീണ്ടും ഭാഗവതത്തിലൊക്കെ കഥയുണ്ട് സൂര്യനിൽ എല്ലാ ജ്ഞാനത്തിന്റെയും രഹസ്യമുണ്ട് നിങ്ങൾക്കിപ്പോ ഈ പറയുന്നതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ആദിത്യനെ ഉപാസിക്കാമെങ്കിൽ ആദിത്യനെ ധ്യാനിക്കാമെങ്കിൽ ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമ്മമായ ദൃഷ്ടയെ എന്ന് ആദിത്യനോട് പ്രാർത്ഥിക്കാമെങ്കിൽ സർവസത്യവും അകമയ്ക്ക് തെളിഞ്ഞു കിട്ടും സകലജ്ഞാനവും അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രകാശം തന്നെ അതിന് തെളിവാണ് ആ പ്രകാശമേറ്റിട്ടാണ് ഭൂമിയിൽ ജീവൻ സ്ഫുരിക്കുന്നത് സ്പന്ദിക്കുന്നത് ആ പ്രകാശം ആ തേജസ് തന്നെ അതിന് തെളിവാണ് ഉദിച്ചു വരുന്ന ആദിത്യനെ ബ്രാഹ്മ കാണുന്നത് ജ്ഞാനത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നത് അപ്പോഴൊക്കെ നമുക്ക് ആദിത്യനുമായി സമ്പർക്കം പുലർത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആദിത്യനെ ആശ്രയിച്ചുകൊണ്ടാണ് ഋഷികളൊക്കെ ജീവിച്ചിരിക്കുന്നത് നമ്മള് അമ്പലങ്ങൾ കെട്ടി പ്രകൃതിയിൽ പ്രത്യക്ഷമായുള്ള ദൈവങ്ങളൊക്കെ നമുക്ക് അപകൃഷ്ടമായിട്ട് തീർന്നു അമ്പലങ്ങളെ ഞാൻ കുറ്റം പറയല്ല അമ്പലങ്ങൾ കെട്ടി ഉണ്ടാക്കിയത് കൊണ്ട് ഒരു അമ്പലത്തിലാണ് ദൈവം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ ഇത്രയും കാലം കുഴപ്പമുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ ഇത്രയും കാലം അധികം ആളുകൾ പോകാൻ പറ്റില്ല ഭക്തന്മാര് വേണമെന്നുള്ളവരെ പോലുള്ളൂ നടന്നു പോകും പക്ഷെ ഇപ്പോ ഈ വാഹന സൗകര്യവും ആളുകൾക്കൊക്കെ പോവാനുള്ള സൗകര്യവും പ്രത്യേകിച്ച് പോകണം ആ പകുതി മനസ്സുള്ളവരെ പോലും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് മഹാക്ഷേത്രങ്ങളൊക്കെ തിരക്കി അവിടെ മുഴുവൻ നിൽക്കാൻ സ്ഥലമില്ലാതായി പല വിധത്തിലും കുഴപ്പങ്ങളുണ്ടാവുക പ്രത്യക്ഷമായി മുമ്പിൽ നിൽക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല അഗ്നിയെ കാണുന്നില്ല ആദിത്യനെ കാണുന്നില്ല ആകാശത്തിനെ കാണ വേദത്തില് നിങ്ങളുടെ അമ്പലത്തിലെ ദേവതകളൊന്നുമില്ല ഏത് വേദം നമുക്ക് പ്രമാണമോ ആ വേദത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പറയണ ഒരു ദേവത പോലും ഇല്ല വേദത്തിൽ വിഷ്ണുണ്ട് പക്ഷെ നിങ്ങളുടെ ഭാവനയിലുള്ള വിഷ്ണു അല്ല വേദത്തിൽ രുദ്രനുണ്ട് നിങ്ങളുടെ ഭാവനയിലുള്ള ശിവനും അല്ല വേദത്തിൽ രാമനോ കൃഷ്ണനോ ഒന്നും നമ്മളുടെ ഭാവനയിലില്ല ഉള്ളതിലില്ല വേദത്തിലുള്ള ദേവതകളാണ് ആദിത്യനും അഗ്നിയും വരുണനും വായുവും ഭൂമിയും മരുത്തുക്കളും പലതും പക്ഷെ നമുക്ക് അതൊന്നും പ്രത്യക്ഷമായി കണ്ടിട്ടും നമുക്ക് അവിടെ ഒന്നും ഭക്തി വരണില്ല ഒരു ഫോട്ടോ ഉണ്ടാക്കി വെച്ചാൽ ഭക്തി വരണം അത് എന്റെ വീട്ടിലെ ഫോട്ടോയിൽ എനിക്ക് ഭക്തി വരണം ഭഗവാൻ തന്നെ പറയണു എന്നിൽ നിന്നും ആദ്യം ഈ സത്യം സ്വീകരിച്ചത് വിപസ്വാനാണ് എന്തിനു ഫോട്ടോ അവിടെ കണ്ടാ രാവിലെ ഉദിച്ചു വരുമ്പോ അത് വയ്യ അതാണ് എണീക്കുമ്പോ എട്ടുമണി കഴിയും അപ്പൊ പിന്നെ എങ്ങനെ കാണും അപ്പൊ നോക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഉദിച്ചു വരുമ്പോ ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തായ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആദിത്യൻ ഉദിച്ചു വരുമ്പോ നാളെ തോന്നണം മുമ്പിലതാ ഒരു പൂർണ്ണ ഭഗവത് സ്വരൂപം ജ്ഞാനിയാണ് അദ്ദേഹം ഭഗവാനിൽ നിന്നും ആദ്യം ബ്രഹ്മവിദ്യ സ്വീകരിച്ചതാണ് അദ്ദേഹത്തിനെ കണ്ട് നമുക്ക് മനസ്സിലാവണില്ല ഉപാസിച്ചാൽ മനസ്സിലാവും നമ്മൾ വിചാരിക്കണം നമ്മളൊക്കെയാണ് ജീവനുള്ളവർ അവർ അതിനൊന്നും ജീവൻ ഇതാണ് ഈ സയൻസ് വരുത്തി വെച്ച ഒരു മഹാ ഉപദ്രവം ദുരിതം സയൻസിന്റെ ദുരിതവും തലയിൽ പേറിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കണത് നമ്മളുടേതായ പ്രാരബ്ധ കർമ്മത്തിന്റെ ദുരിതം പോരാതെയാണ് ഈ സയൻസ് കൊണ്ടുവന്ന് തന്ന ദുരിതം ഡിമിസ്റ്റിഫയിങ് എവറിത്തിങ് ആദിത്യനെ കണ്ട് അത്ഭുതപ്പെടണം സൂര്യനെ കണ്ട് ഭഗവാനാണെന്ന് തോന്നും അതിൽ ജ്ഞാനം ഉണ്ടെന്ന് കാണണം ഗീതയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശ്ലോകം പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഒരേ ഒരു ശ്ലോകം മതി ഈ ശ്ലോകം ഇത് വെച്ചുകൊണ്ട് നാളെ സൂര്യനെ നോക്കുക മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നു രസോഹമപ്സു കൗന്ത പ്രഭാസ്മി ശശി സൂര്യയോ സൂര്യനിൽ ഒരു പ്രഭയമുണ്ടല്ലോ ഹേ അർജുന അതെന്റെ ഞാനാണത് അപ്പൊ പിന്നെ എവിടെയാ ഭഗവാന്റെ പ്രകാശത്തിന് എവിടെ പോവാൻ പോണു ചന്ദ്രനിൽ പ്രഭയമുണ്ട് സൂര്യനിൽ പ്രഭയമുണ്ട് ടാഗോറും ആണോ തോന്നുന്നു എവിടെയോ ഹൗസ് ബോട്ടിൽ എഴുതുന്നൊണ്ട് ചന്ദ്രന്റെ പ്രകാശത്തിനെ കവിത എഴുതിയത്രേ കൊറേ എഴുതി എഴുതി എഴുതി ഭാവന ചെയ്തുകൊണ്ടിരുന്നു കവിതയെ വരുന്നില്ല ൗസ് ബോട്ടാണ് രാത്രി സമയം പൗർണമി അവസാനം ആ ഹൗസ് ബോട്ടിൽ ഇരിക്കുന്ന മുറിയുടെ ജനലൊക്കെ തുറന്നു ചന്ദ്രിക അങ്ങനെ കിരണം ഉള്ളിലേക്ക് അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ വന്ന് വിരിഞ്ഞു നിറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് പുറത്തു മുഴുവൻ പ്രകാശ് ഞാൻ ഒക്കെ അടച്ചിരുത്തിയിട്ട് ഉള്ളിലിരുന്ന് കവിത എഴുതാറു പുറത്തു മുഴുവൻ ഭഗവാൻ പല രൂപത്തിലും നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോ കാണാൻ നമുക്ക് കണ്ണില്ല ആദ്യം ജ്ഞാനം ഉദിക്കുന്നത് ആ പൂർണ്ണ വസ്തുവിൽ നിന്നും ആദിത്യനിലേക്കാണ് നമ്മളെ സംബന്ധിച്ച് ആദിത്യൻ വളരെ പ്രധാനമാണ് ആദിത്യനെ ഉപാസിച്ചിട്ടോ ആദിത്യ സമ്പർക്കം കൊണ്ടോ വൈവസ്വത മനുവിന് ആദ്യമായി ഈ ബ്രഹ്മവിദ്യ കിട്ടി ആദ്യത്തെ രാജാവും മനുഷ്യനും ആയിട്ട് പറയാം അദ്ദേഹം പൂർണ്ണജ്ഞാനിയായിരുന്നു മനുരിക്വാകവേ ബ്രവീത്ത് മനുവിൽ നിന്നും ഇക്വാകുവിനീ ജ്ഞാനം വന്നു അവരൊക്കെ രാജാക്കന്മാരൊക്കെ ജ്ഞാനികളായിരുന്നു അടുത്ത ശ്ലോകം നോക്കാം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഷയോ വി സലേ നേഹ മഹതാ യോഗോനഷ്ടം ക്ഷീയ പരമ്പരാപ്രാപ്തം ഇമം രാജർയ രാജാനിം പരമ്പരാപ്രാപ്തം പരമ്പര പരമ്പരയായി ഈ ജ്ഞാനം വന്നു അത്ര ഒരു വിളക്കിൽ നിന്നൊരു വിളക്ക് കൊളുത്ത ഒരു വിളക്ക് നിന്നൊരു വിളക്ക് കൊളുത്ത ശ്രുതി പറയണു ശരിക്കും ജ്ഞാനനിഷ്ഠമായ പരമ്പരകൾ ഉണ്ടായിരുന്നു എന്നാണ് ഋഷി വേദകാലത്തൊക്കെ ഈ വിദ്യ അറിഞ്ഞാൽ കുലേ ഭവതി എന്നാണ് മുണ്ടകോപനിഷത്ത് ആ കുലത്തിൽ തന്നെ അബ്രഹ്മവിത്തായിട്ട് ഒരാൾ ഉണ്ടാവില്ല എന്നാണ് ബ്രഹ്മത്തിനെ അറിയാത്തവൻ ആ കുലത്തിൽ ജനിക്കില്ല അത്തരത്തിലുള്ള ജ്ഞാനികളുടെ പരമ്പരയായി ക്ഷത്രിയ പരമ്പരയെ കൊണ്ടുവന്നു രാജാനശ്ചയ അവര് രാജാക്കന്മാര് മാത്രമായിരുന്നില്ല ഋഷികളുമായിരുന്നു എന്തുകൊണ്ട് അവർക്ക് ഭരിക്കുന്നതിലോ അതിലൊതിലോ ഉള്ള മോഹമൊന്നും അവർക്കുണ്ടായിരുന്നില്ല അത് ധർമ്മമായിട്ട് ചെയ്തു പ്രജാപാലനം പോലും ധർമ്മമായി ചെയ്തു പക്ഷെ അവര് വലിയ പ്രകന്മാരായിരുന്നു സത്യജിജ്ഞാസുക്കളായിരുന്നു പലപ്പോഴും ശ്രുതി ജനകനൊക്കെ ജനകന്റെ സദസ്സിലാണ് ഉപനിഷത്തുകളൊക്കെ നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള രാജ ഋഷികൾ പരമ്പരയായി മനസ്സിലാക്കി കൊണ്ടുവന്ന വിധി ഈ വിദ്യ ക്രമേണ എന്തു പറ്റി എന്ന് വെച്ചാൽ സ കാലേനേഹ മഹതാ സ യോഗിന്നാലം കഴിഞ്ഞപ്പോ സം വിച്ഛിത്തി ഉണ്ടായി ഒരിടത്ത് വിളക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് പാറ്റകൾ വരും അല്ലെ ഈ പാറ്റകൾ വരും വിളക്കിൽ വീഴും വിളക്കിന് ചുറ്റും പൊതിയും കുറെ കഴിഞ്ഞാൽ എണ്ണയിലൊക്കെ വന്ന് വീഴും എണ്ണയൊക്കെ അശുദ്ധമാവും കുറെ കഴിയുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ ആ എണ്ണയും കുറെ ഒക്കെ ദുഷിച്ച് കഴിയുമ്പോ ഈ തിരി പതുക്കെ താണുപോകും വിളക്ക് കെട്ടുപോകും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പറഞ്ഞു ഊതിയാ മനസ്സിലാവില്ല അഖണ്ഡമായി വിളക്ക് കൊളുത്തി വെക്കുമ്പോ നമുക്കിത് കാണാം പാറ്റകളൊക്കെ ഒരുപാട് വന്നിട്ട് വിളക്കിന് ചുറ്റും കൂടി കൂടി കൂടി കൂടി എണ്ണയിലൊക്കെ വന്ന് വീണിട്ട് എണ്ണയൊക്കെ അശുദ്ധമാക്കി വാകപ്പാടെ കുറെ കഴിയുമ്പോൾ വളരെ ഇത് ജ്ഞാനത്തിലും ഇത് സത്യമാണ് എവിടെയെങ്കിലും ഒരു വലിയ ഒരു സ്ഫോടനം ഉണ്ടാവും സ്ഫോടനം എന്ന് വച്ചാൽ ആത്മാനുഭവം ഉണ്ടായി ഒരു മഹാൻ ഉണ്ടാവും എത്രയോ ജന്മങ്ങൾ കൊണ്ട് ഒരു മഹാത്മാവ് ഉണ്ടാകും അദ്ദേഹം ആത്മസാക്ഷാത്കൃതനാവും അദ്ദേഹം പൂർണ്ണ ബ്രഹ്മനിഷ്ഠനാവും അദ്ദേഹത്തിലെ ക്രമേണ അദ്ദേഹത്തിൽ നിന്നും പരമ്പരയെന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ പുത്ര പരമ്പരയായിരുന്നു മകൻ അങ്ങനെയൊക്കെ ജ്ഞാനികളായിട്ട് ഉണ്ടാവും വശിഷ്ഠൻ ശക്തി പരാശരൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഋഷിപരമ്പരകൾ അങ്ങനെയല്ലാതെ പിന്നെ ശിഷ്യ പരമ്പരയായിട്ട് ഈ കാലത്തൊക്കെ അടുത്ത കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി ഇങ്ങനെ ഏതു വിധത്തിൽ ആ പരമ്പര ഇങ്ങനെ കുറച്ചു കുറച്ചൊക്കെ ആ വളക്ക് കൊളുത്തി കൊളുത്തി പിടിച്ചു പിടിച്ച് വരും പക്ഷെ ഓരോ പരമ്പര കഴിയുമ്പോഴും ഈ പാറ്റകൾ വന്നുകൊണ്ടേയിരിക്കും ചുറ്റും എവിടെ ജ്ഞാനമുണ്ടോ അവിടെ അവിദ്യാശക്തിയുടെ ആക്രമണവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ക്രമേണ ഇന്ദ്രിയ ലൌല്യത കൊണ്ടും തപസ്സിന്റെ കുറവുകൊണ്ടും ഈ ജ്ഞാനം ക്ഷയിച്ച് ക്ഷയിച്ചു പോയി ഈ പരമ്പര എവിടെങ്കിലും ഒരിടത്ത് ബ്രേക്കായി പോകും നമ്മൾ അധ്യാത്മ സമ്പ്രദായത്തിനെ ശ്രദ്ധിച്ചാൽ പല സ്ഥലത്തും കാണാം എവിടെയോ ഒരിടത്ത് പരമ്പര ബ്രേക്ക് ആവണത് പരമ്പര ബ്രേക്കാവും പരമ്പര വിച്ഛിന്നമാവും ആ പരമ്പര വിച്ഛിന്നമായി കഴിഞ്ഞ് പിന്നെ അടുത്ത് ആരുമില്ല എവിടെയോ ഒരാളും ഒരു തെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ആ പരമ്പര പോയി അതുപോലെ ഇങ്ങനെ അധ്യാത്മ ജ്ഞാന പരമ്പര വന്ന് ഇമം രാജർഷയോ വിധുഹു സദീർഘേണ കാലേന യോഗോ നഷ്ടപരന്താ അതില് ശാസ്ത്രം ഉണ്ടാവും യോഗം പോയി പോയി കുറെ കഴിയുമ്പോ ആ ആദ്യം പറഞ്ഞ ആളുകളുടെ വാക്കുകളൊക്കെ ഉണ്ടാവും ഉപദേശമൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ ഇവരും പറയും ഇപ്പൊ നമുക്ക് നമുക്ക് ഇപ്പൊ വേദം അപ്പിതാനും വേദം എത്ര അഴകാ വേദം ചല് ഖനാന്തം വേദാധ്യനം പണിവാളും എന്നാസ്കത്തിലെ യാസ്കി ഭാരം വെക്കാ അത്താണിതാ അത്താണിക്ക് ഭാര തൂക്കറേ തവര അത് അത്താണിക്ക് ഭാരത്തുള്ള എന്നെ ചന്ദനം തൂക്കറ് കഴുത മാതിരി താ അതൊക്കെ ഒന്നും സുഗന്ധം തിരിയാതെ അന്നമാതിരി എത്ര ഘനാ ആരെയും കുത്തഞ്ചൊല്ലാതല്ല എന്നാ നമുക്ക് വേദവ എപ്പിടി തുറക്കണം കൂടെ ചാവിയല്ലേ വലിയ വലിയ ഋഷികൾ അരബിന്ദോ വേദത്തിന് എന്തൊക്കെയോ അർത്ഥം പറയണു സീക്രട്ട് ഓഫ് വേദ എന്ന് പറഞ്ഞിട്ട് സോമരസം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ഉണ്ടാവുന്ന ആനന്ദമാണെന്നും ഇന്ദ്രൻ മനസിന്റെ അതിദേവതയാണെന്നും എന്നുള്ള ഈ സൂചനയൊക്കെ വെച്ചുകൊണ്ട് അഗ്നി എന്ന് വെച്ചാൽ ചിശക്തിയാണെന്നും ഈ സൂചനകൾ ഈ സങ്കേതങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ വേദമന്ത്രങ്ങളെയും അവിഛിന്നമായിട്ട് കണ്ടാലേ വേദത്തിന് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇത്ര അരവിന്ദുവിന്റെ അഭിപ്രായം അങ്ങനെയൊന്നും നമുക്ക് വേദം കാണാൻ വഴിയില്ല എന്തുകൊണ്ടു പോയി യോഗോനഷ്ട്രന്ത യ യോഗം പോയി യോഗം എന്തുകൊണ്ടുപോയി അജിതാ അജിതേന്ദ്രിയാൻ പ്രാപ്യ യോഗോ നഷ്ട ആചാര്യസ്വാമികളുടെ ഭാഷ്യം അങ്ങനെയാണ് ദുർബലാൻ അചിതേന്ദ്രിയാൻ പ്രാപ്യ നഷ്ടം യോഗം ഇമം ഉപലഭ്യ ലോകം അപുരുഷാർത്ഥ സംബന്ധിനം അതാണ് ബ്യൂട്ടിഫുൾ എന്തുകൊണ്ട് ഈ യോഗം നഷ്ടമായി എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ അർത്ഥമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചാൽ അപുരുഷാർത്ഥ സംബന്ധിനോയം ലോക പുരുഷാർത്ഥത്തിനോട് സംബന്ധമില്ല എന്നാണല്ലോ സൊസൈറ്റി നോക്കൂ ഇപ്പോ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ഈശ്വരൻ ഗവൺമെന്റിൽ വല്ല നിയമമുണ്ടോ ഇല്ല അല്ലെ പൂർവ്വകാലത്ത് രാജാക്കന്മാർക്ക് രാജ്യഭരണവും രാജ്യ സംബന്ധവും ഒക്കെ തന്നെ ഓരോ ജീവനും പരമപുരുഷാർത്ഥ ലക്ഷ്യം എന്ന് വെച്ചുകൊണ്ട് സംബന്ധമായിരുന്നു അത്രേ നമുക്കിപ്പോ അത് പറയാൻ പറ്റോ നമ്മൾ വിഡികളായിട്ട് പോകും അതൊക്കെ ബാലിശവും ഇപ്പൊ സെക്കുലറിസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ലോകോയം അപുരുഷാർത്ഥ സംബന്ധ്യ പുരുഷാർത്ഥ സംബന്ധമില്ലാത്ത സമൂഹഘടന സമൂഹത്തിൽ ഇതൊന്നും ലക്ഷ്യമല്ല ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു ഒരു കുട്ടി ജനിച്ചാൽ എത്ര വലിയ വേദപരമ്പരയിലാണെങ്കിലും ആ കുട്ടിക്ക് ഈ പരമപുരുഷാർത്ഥത്തിന് ആ കുട്ടിക്ക് വഴി കാണിച്ചു കൊടുക്കണമെന്ന് ആരെയും പറയോ ആരും പറയില്ല അത് വരുന്ന നാണക്കട അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെന്ത് വിചാരിക്കും ആളുകള് അതൊക്കെ വേണം എന്റെ കുട്ടി ഗീത പഠിക്കുന്നുണ്ട് ആർ ടീച്ചിങ് ഭഗവത്ഗീത എന്ന് പറയും ശ്ലോകമൊക്കെ പറയും ആ കുട്ടിത്തോടും എന്തിനാ വെറുതെ കാണിച്ചു അതിന് യോഗമില്ല അതില് വെറും ശബ്ദജാലം മാത്രമേ ഉള്ളൂ കുറെ ശബ്ദം മാത്രമേ ഉള്ളൂ അതിൽ യോഗമില്ല യോഗോ നഷ്ടപരന്തവാ യോഗം നഷ്ടമാവണത് പുരുഷാർത്ഥ സംബന്ധം പുരുഷാർത്ഥ സംബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഗീതയും പഠിച്ചിട്ടില്ലെങ്കിലും ഭാഗവതം പഠിച്ചിട്ടില്ലെങ്കിലും വേദാധ്യയനം ചെയ്തിട്ടില്ലെങ്കിലും യോഗമുണ്ടാവും ഒരു പുരുഷാർത്ഥ സംബന്ധവും വേണ്ട ഒരു ശാസ്ത്രപഠനവും വേണ്ട ഈ പുരുഷാർത്ഥ സംബന്ധം ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ പുരുഷാർത്ഥ സംബന്ധമെന്നുവെച്ചാൽ ഞാൻ ധർമ്മം ചെയ്യുന്നതും ഞാൻ പണം സമ്പാദിക്കുന്നതും വിവാഹം മുതലായിട്ടുള്ള ആഗ്രഹ സമ്പൂർത്തി ചെയ്യുന്നതും ഒക്കെ തന്നെ ക്രമേണ ശുദ്ധമായി ഭഗവത് പ്രാപ്തി നേടാനാണ് ഇതിനൊക്കെ ഒരു ലക്ഷ്യം എനിക്കുണ്ട് എന്ന് അറിഞ്ഞ ആളാണ് പുരുഷാർത്ഥ സംബന്ധി സന്യാസികൾക്ക് പോലും ഇപ്പതില്ല സന്യാസികൾ പോലും പ്ലേയിങ് ഫോർ ദ ഗാലറി എന്ന് പറയുന്ന പോലെ ലോകത്തിലുള്ള ഗവൺമെന്റ് മന്ത്രിമാരും സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആളുകളുമൊക്കെ ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് അപ്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് തന്റെ സന്യാസധർമ്മവും ഉപനിഷത്തും ഗീതയും അതൊക്കെ അവർക്ക് പറ്റിയ രീതിയിൽ എങ്ങനെ മാറ്റിയാലാണ് അവരുടെ കയ്യടി കിട്ടുക എന്ന് നോക്കുമ്പോൾ സന്യാസം പോലും അപുരുഷാർത്ഥ സംബന്ധിയായിട്ട് പോകും നേരെ മറിച്ച് ഒരു ബാർബറാണെങ്കിലും ശരി കശാപ്പ് കടക്കാരനാണെങ്കിലും ശരി എന്റെ തലയിലെടുത്ത് ഞാൻ ഈ ജോലി ചെയ്യണു ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യമെന്ന് കരുതിയാൽ അവൻ ഈ സന്യാസിയെക്കാളും പുരുഷാർത്ഥ സംബന്ധമുള്ളവനായിട്ട് പോവും ഭഗവാൻ പറയണത് ഒരു ജീവനെ മറ്റൊരു ജീവനിൽ നിന്നും ഉയർന്നവനാക്കുന്നത് അവൻ ചെയ്യുന്ന തൊഴിലല്ല അവൻ പഠിച്ചിട്ടുള്ള പഠിപ്പുമല്ല അവന്റെ ലക്ഷ്യബോധമാണ് പുരുഷാർത്ഥ സംബന്ധമാണ് പുരുഷാർത്ഥ സംബന്ധം ഉണ്ടെങ്കിൽ അവൻ എത്ര നീചകുലത്തിൽ ജനിച്ചവനാണെങ്കിലും എന്തു പണി ചെയ്യുന്നവനാണെങ്കിലും ക്ഷിപ്രം ഭവതി ധർമാത്മാ ശത് ശാന്തി കൗന്തേയ പ്രതിജാനീ ഹി നമേ ഭക്ത പ്രണശതി അവനാണ് ഭക്തൻ അവൻ ക്ഷിപ്രം ധർമാത്മാവായിട്ട് പെട്ടെന്ന് തീരുകയും പരമശാന്തി നേടുകയും ചെയ്യും നേരെമുറിച്ച് പുരുഷാർത്ഥ സംബന്ധമില്ലാത്തവൻ അമ്പലത്തിൽ പൂജ ചെയ്താലും അവൻ യോഗ ടീച്ചറായിട്ടിരുന്നാലും ഭഗവത്ഗീത ടീച്ചറായിട്ടിരുന്നാലും ഉപനിഷത്ത് ടീച്ചറായിട്ടിരുന്നാലും വേദിക് ടീച്ചറായിട്ടിരുന്നാലും അയാൾ പുരുഷാർത്ഥ സംബന്ധമില്ലെങ്കിൽ വെറും ഭോഗി മാത്രമാണ് യോഗിയാവില്ല അപ്പൊ യോഗം നഷ്ടമാവണത് അങ്ങനെയാണ് കാസറ്റിൽ കാസറ്റിപ്പോ വേദം പഠിക്കണ്ടല്ലോ യജുർവേദം മുഴുവൻ കാസറ്റിൽ സി ഡിയിലുണ്ടോ ഇപ്പൊ കിട്ടും സി ഡി പ്ലെയർ ഋഷിയാവോ ഒരിക്കലും ആവില്ല സി ഡി പ്ലെയർ വേദം കാണാതെ പഠിച്ചു ചൊല്ലുന്ന ആളേക്കാളും കുറച്ച് ബെറ്ററാണ് എന്താന്ന് വെച്ചാൽ ചൊല്ലുന്ന ആൾക്ക് അഭിമാനമുണ്ട് അതിനില്ല ആ ചൊല്ലുന്ന ആൾക്ക് അഭിമാനമുണ്ട് സി ഡി പ്ലയർക്ക് അഭിമാനം ഇല്ല എന്നുള്ള കാര്യത്തിൽ ബെറ്ററാണ് അപ്പോ പുരുഷാർത്ഥ സംബന്ധം വേണം എന്നാൽ നമ്മൾക്ക് ഇതൊക്കെ പ്രയോജനമുണ്ട് പുരുഷാർത്ഥ സംബന്ധം വരുമ്പോഴേ നമ്മൾ ചെയ്യുന്ന കാര്യം ഉപാസനയാവുള്ളൂ ആ പുരുഷാർത്ഥ സംബന്ധം നഷ്ടപ്പെട്ടു പോയത് യോഗം നഷ്ടമായി യോഗം നഷ്ടമായതുകൊണ്ട് രാജാക്കന്മാർക്ക് ധർമ്മമില്ലാതായിട്ട് തീർന്നു ധർമ്മമില്ലാതായിട്ട് തീർന്നതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇതാ ഇവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് നിൽക്കുന്നു മാംസപിണ്ടത്തിന് വെട്ടിയിട്ടിട്ട് നൂറെണ്ണത്തിന് ഉണ്ടാക്കിയതാ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഒരുവിധ ധർമ്മബോധവും ഇല്ലാതെ രാജ്യം നഷ്ടപ്പെടുത്തിയിട്ട് ചൂത് ധർമ്മമാണെന്ന് ധരിച്ച ഒരു ധർമ്മപുത്രർ അയാളുടെ ധർമ്മത്തിനെ കുറിച്ചുള്ള ജ്ഞാനം അത്ര കണ്ടുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ വട്ടം ഭൂമിയിൽ നിൽക്കാൻ കാരണം യോഗോ നഷ്ടപരന്ത യോഗ നഷ്ടമായതുകൊണ്ടാ യോഗമില്ല അവിടെ എന്നാവും യോഗിയല്ലേ ദ്രോണാചാര്യർ തന്റെ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോ രഥത്തിൽ നിന്ന് ഇറങ്ങി പത്മാസനത്തിൽ ഇരുന്ന് യോഗത്തിൽ ശരീരം അത്ര കണ്ട് ടെക്നിക്ക് കയ്യിലുണ്ട് പക്ഷെ യോഗിയെ ഭഗവാൻ പറഞ്ഞ യോഗിയല്ലാന്നാണ് എന്താന്ന് വെച്ചാൽ വേണ്ടത് എന്താന്ന് അറിഞ്ഞില്ല അതാ അറിഞ്ഞുവെങ്കിൽ ഇദ്ദേഹം ഈ ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണന്റെ കുലത്തൊഴിൽ വിട്ടിട്ട് ഇവിടെ യുദ്ധത്തിന് വന്ന് നിൽക്കില്ല യോഗോ നഷ്ടപ്പരന്ത ഭീഷ്മനെ എല്ലാരെയും വെച്ചുകൊണ്ടാണ് ഭഗവാൻ പറയണത് യോഗോ നഷ്ടപ്പരന്തപാം ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ വിവസ്വാൻ മനവേ പ്രാഹ മനുരി കുറച്ച് പേർക്കൊക്കെ ഈ രാമൻ രാമായണകാലം രാമൻ വരെയൊക്കെ ഒരുപക്ഷെ ഈ യോഗം ഉണ്ടായിരുന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു കൊറേ കഴിയുമ്പോ ഹേ അർജുന യോഗം നഷ്ടമായി യോഗം നഷ്ടമായാൽ ധർമ്മം പോയി പോകും യോഗമാണ് ധർമ്മത്തിന്റെ സെന്റർ ആര് യോഗിയായിരിക്കുന്നുവോ അവനിൽ നിന്നും സഹജമായി വരുന്ന പ്രവൃത്തികളൊക്കെ ധാർമ്മികമായിരിക്കും യോഗി അല്ലാത്തവന്റെ പ്രവൃത്തിയൊക്കെ അധാർമികമായിരിക്കും അതുകൊണ്ട് യോഗികളല്ലാത്ത ആളുകൾ ഉണ്ടായത് ധർമ്മം ക്ഷയിച്ചു പോയത് ഈ കുരുക്ഷേത്ര യുദ്ധം തന്നെ സംഭവിച്ചിരിക്കുന്നത് ഈ രാജാക്കന്മാർ മുഴുവൻ രാജാനശ്ചപ്രജാഭക്ഷാ എന്നാണ് പ്രജകളെ ഭക്ഷിക്കുന്നവരായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് അർജുന സേവായം യോഗ ആ അന്നു പ്രകാശിപ്പിച്ചാൽ അതുകൊണ്ട് ആ യോഗം നഷ്ടമായി എന്നൊന്നുമില്ല വീണ്ടും വീണ്ടും അത് പെട്ടി പൊട്ടിമുളയ്ക്കും എപ്പോയപ്പോ യോഗം നഷ്ടമാവിടുമോ എപ്പോയപ്പോ ലോകത്തിന് ധർമ്മത്തിന്റെ പാത അറിയാതെ എങ്ങനെ പരമപുരുഷാർത്ഥം നേടുമെന്ന അല്പം കുറച്ചുപേരെങ്കിലും പെടഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ ആവിർഭവിച്ച് പുതിയ ഒരു പരമ്പര തുറന്നുവിടും പ്രകൃതിയുടെ നിയമമേ അങ്ങനെയാണ് പുതിയ പുതിയ പരമ്പര തുറന്നുവിടും എവിടെങ്കിലും ഒരു സോഴ്സ് നിന്ന് വെള്ളം വരും വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സോഴ്സ് നിന്ന് വെള്ളം വരണ പോലെ ഏതെങ്കിലും അപ്രതീക്ഷിതമായ സ്ഥലത്തു നിന്നായിരിക്കും അധികവും വരുന്നത് അതാ ഞാൻ വന്നിരിക്കണോ യോഗോ ഞാനിതാ നിനക്ക് അതേ യോഗത്തിനെ നിനക്ക് തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കണത് സയേവായം യോഗ പ്രോക്ത പുരാതനഹ ഭക്തോസിമേ സഖാചേതി ഹസ്യം ഈ ഉത്തമം ഉത്തമമായി ഈ രഹസ്യത്തിന് നീ എന്റെ ഭക്തനായതുകൊണ്ടും എൻറെ സഖാവായതുകൊണ്ടും തനിക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് വന്നിരിക്കുകയാണ് ഭക്തൻ സഖ ഇത് രണ്ടെണ്ണോ ഉണ്ടെങ്കിൽ രഹസ്യം പ്രകാശിക്കും ഈ മൂന്ന് വാക്കും വളരെ പ്രധാനമാണ് ഭക്തൻ സഖ രഹസ്യം ഈ രഹസ്യം എന്നുള്ളത് ഈ ഭക്തനും സഖാവുമായ ആൾക്കെ പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുവു അതിന് കാരണം ഭക്തൻ സഖാവായാൽ എന്തെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടായത് കൊണ്ട് പറഞ്ഞു കൊടുക്കല്ല ഭക്തനും സഖാവും ആവുമ്പോ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും കേൾക്കുന്ന റിസീവിങ് പേഴ്സണും തമ്മിൽ നടുവിലൊരു പാലം ഉണ്ടാകും ആ പാലം കണ്ണിന് കാണാവുന്ന പാലമല്ല വാക്കുകൊണ്ട് പറയാവുന്ന ഒരു പാലമല്ല അത് എല്ലാത്തിനേക്കാളും പ്രബലമായ ഹൃദയബന്ധമാണ് അവിടെ ഒരുപക്ഷെ വാക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഞാനും കൈമാറപ്പെടും അതുകൊണ്ട് അതിന് അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറഞ്ഞത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തത് കൊണ്ടും കൂടിയാണ് രഹസ്യം എന്ന് പറഞ്ഞത് പറഞ്ഞാൽ അത്ര കണ്ട് മനസ്സിലാവില്ല ഇന്ന് നമ്മളുടെ ഉദ്ഘാടനം സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ടൊരു കാര്യം പറഞ്ഞു ധ്യാനശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ധ്യാന ശ്ലോകത്തിൽ നിങ്ങൾ ഐക്യം വന്നാൽ ആചാര്യൻ പറയണ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അത് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ഭക്തി ആ ഭാവത്തോടു കൂടെ ഇരുന്നാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചിലതൊക്കെ എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ധ്യാനഭാവം ആ മനസ്സ് വളരെ പ്രധാനമാണ് റിസെപ്റ്റിവിറ്റി വളരെ പ്രധാനമാണ് അതുണ്ടെങ്കിൽ രഹസ്യം ആവൃതമാവും പ്രച്ഛന്നം ആയിട്ടുള്ളതും എന്താണ് രാമായണത്തിൽ വാൽമീകിക്ക് ബ്രഹ്മാവ് പറഞ്ഞു ഉപദേശിക്കുന്നത് അനുഗ്രഹിക്കുന്നത് അങ്ങനെയാണ് വിവൃത്തം തേ ഭവിഷ്യതി എന്തൊക്കെ പ്രച്ഛന്നമായിട്ടുണ്ടോ എന്തൊക്കെ ഉണ്ടോ എഴുതുമെന്നാണ് എനിക്ക് മുഴുവൻ അറിയില്ലല്ലോ എന്നാണ് രാമായ വാൽമീകി പറയണത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല എഴുതിത്തുടങ്ങിക്കൊള്ളുക ഒക്കെ വിവൃത്തം തേ ഭവിഷ്യതി ഒക്കെ തനിക്ക് എപ്പോ വേണോ അപ്പപ്പോ ഉള്ളിൽ നിന്ന് വരും അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് കള്ളമാവോ അനർത്താ കാവ്യേ കാത്ര ഭവിഷ്യതി ഒരു വാക്ക് പോലും കള്ളമാവില്ല എഴുതിക്കൊള്ളുക എങ്ങനെയാ ധൈര്യം സോർസ് അതാണ് സോർസ് ഇസ് നോട്ട് മൈൻഡ് സോർസ് ഇറ്റ് ഈസ് ദാലിബിൾ സെന്റർ ആ സെന്ററിൽ നിന്നാണ് എഴുതുന്നത് അപ്പൊ ആ സെന്ററുമായിട്ടുള്ള സംബന്ധം ആചാര്യനും ശിഷ്യനും ഉണ്ടാകുമ്പോ ആചാര്യനും ഒരുപക്ഷെ മൗനമായിരുന്നാൽ പോലും ശിഷ്യന് കിട്ടേണ്ട വിദ്യ കിട്ടും അത് ഇത്രയും പറഞ്ഞുകൊണ്ട് രഹസ്യം ഹി ഏതത് എന്നുള്ള ഭാഗത്തിലേക്ക് നാളെ നമ്മള് പ്രവേശിക്കാം ഓവനമ്രത്കിരീട്ടം ഫാളനേത്രാച്ചിഷാദഗ്ധപഞ്ചേശു കീടം ശൂലാഹതാരതികൂട്ടം ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ ഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവാ അംഗേ വിരാജദ് ഭുജംഗം അഭ്രഗംഗാ തരംഗാഭിരാമോത്തമാകാരടീകുങ്ക സിദ്ധ സംസേവിതം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേ ഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവാ നിിദൂപം നിംതശലോകേശൈരി പ്രസ്വരാഗേന്ദ്രപംവാസം ഭജേ ദിവസന്മാർബന്ധു ശംഭോ മഹാദ ശംഭോ മഹാദി ദേശം ശംഭോ മഹാദേവദേവ കപ്പതർപ്പനീശം കാളകന് മഹേശം മഹാവ്യോമകേശം കുന് സൂര്യശം കോട്ടിസൂര്യ ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവാ മൂതേ മന്ദ്രാഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ േ ശംഭോ മഹാദേവദേേപ്പുഖിന് സുസന്ധ നിരാമയാേ ഭദ്രാണി പശ്യന് മാ കിഖഭമാവസി ത്മേവ തോന്നാച്യം മമ കിഞ്ചിസ്തിയതേഷ്ടുരുമാത്മനം ഭജ